ആറു ദിനങ്ങളിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും പിന്നീട് അർശിൽ സ്ഥാപിതനാവുകയും ചെയ്ത അള്ളാഹുസുബഹാനഹൂവചായല ആണ് നിങ്ങളുടെ രക്ഷിതാവ് അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുമില്ല നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുസുബഹാനഹുവച്ചായല അവനാകുന്നു അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക നിങ്ങൾ ഓർക്കുന്നില്ലേ